ഈ കഴിഞ്ഞ സംഘത്തിൽ കൊടുത്ത പേര് പൗരുഷ സ്ഥാപനമുള്ള പൗരുഷ സ്ഥാപന ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തകം പുതിയ കാര്യങ്ങളും പറയും യഥായാ പ്രയത്നസ് അവയകാശി പുരുഷ വൈമാദേവൻ യഥായാ പ്രയത്നസ് എങ്ങനെയാണ് നമ്മുടെ പ്രയത്നം അവയകാശ് ഫലം ശ പ്രയത്നാലയം അതിനനുസരിച്ച് ആശംഫലം ഉടൻ തന്നെ ഫലവും വരും പ്രവൃത്തിക്കനുസരിച്ച് ഫലമില്ല ഇനി പൗരുഷമേവ് ദൈവം ഒന്ന് മനസ്സിലാക്കാം പൗരുഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് പുരുഷപ്രയത്നമാണ് ഫലത്തിൽ നിന്ന് ദൈവം ദൈവം എന്ന് പറയുന്നത് എന്നാണ് അതും പൗരുഷങ്ങൾ ഭാഗ്യം വിധി ഭാഗദേവം എല്ലാം പറയുന്നത് പുരുഷങ്ങളിൽ എന്തുകൊണ്ട് കർമ്മസിദ്ധാന്തമനുസരിച്ച പൂർവജന്മത്തില് ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ഇപ്പോ വിധിയായിട്ട് വരുന്നത് അപ്പൊ ഇന്ത്യ ദൈവത്തെ ദൈവം അംഗീകരിച്ചേ തീരും അംഗീകരിച്ചേ തീരും എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അതിനെപ്പോൾ ജന്മത്തിന്റെ കർമ്മമായിട്ടെടുത്ത അവിടെ ഈ കർമ്മത്തിന് തന്നെയാണ് പ്രകാരം ദുഃഖ യഥ ദുഃഖകഷ്ടശ് വിരിയായ തഥ ആ ദൈവമിത്യം വിഭാഗക്കാരെ ദുഃഖം കൊണ്ട് മനുഷ്യന് ദുഃഖമുണ്ടാകും ദുഃഖം കൊണ്ടനുബന്ധിക്കുന്ന സമയത്ത് പറയും ആ കഷ്ടം അഭിമുഖീനായി പോയി എനിക്ക് ഗതികൾ വന്നല്ലോ എന്ന് പറയും ലഭിക്കുന്നു ര്യായ അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് നിന്റെ വിധി ദുഃഖം അനുഭവിക്കുമ്പോ ആ കഷ്ടശബ്ദവെന്ന് പറയുന്ന ശബ്ദത്തിന് പര്യായമായി ഉപയോഗിക്കുന്ന മറ്റൊരു ശബ്ദമാണ് ആ ദൈവം വിധി എന്ന് പറയും അപ്പോ ദുഃഖം അനുഭവിക്കുമ്പോ യോ ഭക്ഷണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്റെ വിധിയെന്ന് പറയും രണ്ടും ഒന്ന് തന്നെയാണ് എന്റെ വിധി ഇങ്ങനായി പോയണ്ടോ എന്ന് പറയുമ്പോൾ അണ്ടും തമ്മിൽ വ്യത്യാസം അത് വിശദീകരിക്കാൻ വേണ്ടി ഈ പറയുന്നത് എന്തിനാണ് അടുത്തത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിങ്ങള് കഷ്ടം എന്ന് പറഞ്ഞാലും വിധിയെന്ന് പറഞ്ഞാലും എന്താ അത് പ്രാഗ് സ്വകർമ്മ നമ്മൾ ചെയ്ത കർമ്മത്തിൽ നിന്നും വേറിട്ട രൂപത്തിൽ ഇതര ആകാരമാണ് മറ്റൊന്നായി ദൈവം നാമന വിജയി ആ ദൈവം എന്ന് പറയുന്നത് മുമ്പ് ചെയ്ത ആ കർമ്മത്തെയാണ് നമ്മൾ പറയുന്ന വിധി അവിടെ അത് പൗരുഷൻ ഈ ജന്മത്തിലും നല്ല ദൈവം അപ്പൊ കഷ്ടം പറയുന്നത് നമ്മൾ മുമ്പ് ചെയ്ത ആ കർമ്മത്തിന്റെ ഫലത്തിൽ അല്ലാതെ അല്ല വേറെ വിധിയൊന്നും വന്നിട്ടില്ല പുരുഷ പ്രയത്നത്തിനപ്പുറമൊന്നുമില്ല എന്നാണ് അത് പ്രബലും ബാലപ്രബുല പുംസൈവ ത്വജ്ജേത് വിശേഷത്തിൽ നിന്ന് മുമ്പ് വന്നിട്ടുണ്ട് ഉദാഹരണം എങ്ങനെയാണോ ബലവാനായ ഒരു മനുഷ്യൻ ഒരു ശിശുവിനെ മൽപിടുത്തത്തിൽ പരാജയപ്പെടുത്തുന്നത് അതുപോലെ വിധി എന്ന് പറയുന്നതും പൂർവകർമ്മ ഫലമാണെങ്കിൽ അതിന് ജയിക്കാൻ പറ്റും അതിനു പുരുഷ പ്രയത്നമല്ലെ ഒന്ന് നോക്കിയാൽ മതി ഏതിനാണ് ഫലം കൂടുതൽ മുമ്പ് അതിനും പറ്റും ഇനിയും ചർച്ച വരും വിഘ്നം പ്രായച്ചത്വം കൊണ്ട് വിഘുനം നശിക്കണം പക്ഷെ ചിലപ്പോൾ നശിക്കും നശിക്കില്ലെങ്കിൽ മനസ്സിലാക്കി പോകും വിഘ്നം കൂടുതലുണ്ട് പ്രായച്ചത്വം കുറവാണ് നശിപ്പിക്കണമെങ്കിൽ എന്തുവേണം കൂടുതൽ പ്രായച്ചത്വം ചെയ്താൽ മതി വിഘുനം നശിക്കും എന്ന് പറയുന്നവരാണ് വിധി ഭാഗ്യം ഭാഗധവേയം അതുകൊണ്ട് പക്ഷെ ഇവിടെ കൂടുതൽ പ്രവർത്തിച്ചാൽ മതി അതിനകത്ത് ഉം അതായത് നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഈ ദൈവം എന്ന് പറയുന്നത് മറ്റെന്തോ ഒന്നാണ് നമ്മൾ കഷ്ടം എന്ന് പറഞ്ഞ അനുഭവിക്കുന്നത് ദൈവത്തെയാണ് ആ ദൈവം എന്ന് പറയുന്നത് എന്താണോ കർമ്മഫലം ഇതാണ് പറയുന്നത് ആദ്യം പറഞ്ഞെന്താണ് ഈ അനുഭവിക്കുന്ന കഷ്ടം എല്ലാം എന്താണ് ദൈവം ദൈവം എന്ന് പറഞ്ഞെന്താണ് കർമ്മഫലം അതിനുവേണ്ടി അതാണ് കഷ്ടശബ്ദത്തിന്റെ പര്യായമാണ് ദൈവം എന്ന് പറയുന്നത് നമുക്കറിയില്ലല്ലോ എന്തുകൊണ്ടീ കഷ്ടം അനുഭവിക്കുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ പറയുന്ന ഈ ശാസ്ത്രത്തിന്റെ സിദ്ധാന്തമനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഈ പുനർജന്മ സിദ്ധാന്തമനുസരിച്ച് പറയുന്നു ഇത് ശരിയാവണമെങ്കിൽ പുനർജന്മ സിദ്ധാന്തം ശരിയായതിനെ പറ്റും ഇത് ഈ പറയുന്ന അർത്ഥം കാണാം ഹ്യസ്ത ദുഷ്ട ആചാരേണ യുഭി ഹ്യത് മോശം പ്രവൃത്തി കഴിഞ്ഞ അവസ്ഥ ഇന്ധന മനയാൻ നോക്കുമ്പോ ഈ ജന്മത്തിൽ ചെയ്ത ആചാരേണ അത്യചാരണ ആചാരേണ ുര അദ്ദേണുഭാദി പ്രാക്തനം കർമ്മ തത്വ വ്യസ്ഥനം കൃഷ്ണ കഴിഞ്ഞ ദിവസത്തെ ദോഷപ്രവൃത്തി ഇന്ന് സത്പ്രവൃത്തി ചെയ്യുമ്പോൾ ചാരുണ ആചാരേണ എന്തു അത് ശുഭമായി പരിവസാനം സംഭവിക്കുന്നു എന്നറിഞ്ഞ മുമ്പ് കുറച്ച് മോശം പ്രവൃത്തികൾ ചെയ്താലും മനുഷ്യൻ എന്താണോ മുമ്പ് പിടിച്ചു പെരുക്കായിരുന്നു അക്രമിയൊക്കെ ആയിരുന്നു നമ്മുടെ വാത്മീയട ഉദാഹരണം പറയും ഇതിലായിരുന്നു നല്ല പ്രവർത്തികളിലായിരുന്നു അപ്പോ ആ കർമ്മം എല്ലാം തീരുന്നു ആ പുണ്യങ്ങളുടെ ആ പാവങ്ങളെല്ലാം വെച്ചിട്ട് അതൊക്കെ ഒരു വിശ്വാസമാണ് പഴയ അതുപോലെയാണ് പൂർവ്വജന്മത്തിന്റെ കർമ്മം നമ്മുടെ വിധിയിലൂടെയുന്ന കർമ്മങ്ങൾ ഈ ജന്മത്തിന്റെ പ്രവൃത്തി കൊണ്ട് ആ നമ്മുടെ വിധിയെല്ലാം മാറും എന്നാണ് പറയുന്നത് എന്തി പൂർവജന്മത്തിലെ കർമ്മഫലത്തിന് ജയിക്കുന്നതിനു വേണ്ടി ലോഹദേവ ലമ്പട ഈ ജന്മത്തിൽ ക്ഷുദ്രമായ ദുരാഗ്രഹങ്ങളിൽ മുഴുകാതെ വീണ്ടും ദുഷ്പ്രവൃത്തിയിലൂടെ എന്തെങ്കിലും നേടാമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കാതെ ലോഹ ലമെന്ന് വെച്ചുഗ്രഹത്തിന്റെ അതിന്റെമാരെ വെച്ച മുഴുവൻ അങ്ങനെ മുഴുകി പ്രവർത്തിക്കാത്തവൻ കഞ്ചയായും ലോകൻ ലോകദേവൻ നമ്മുടെ പ്രവർത്തിക്കാൻ പറ്റില്ല ഈ ജന്മത്തിൽ അവൻ ശുദ്രമായ പ്രവൃത്തികളിലേർപ്പെട്ടാൽ നടക്കുക അങ്ങനെ അല്ലാത്തവര് പൂർവ്വ വിധി ജയിക്കുന്നവരു പ്രവർത്തിച്ചു വരും അവര് ജയിക്കും മറിച്ചാണെങ്കിലും നോവലും നമ്പടന്മാരാണ് ഈ നടക്കുന്നത് ഈ നോമ്പ് പറഞ്ഞ ആൾക്കാരാണെങ്കിൽ കർമ്മഫലത്തെ ജയിക്കാൻ ശ്രമിക്കാത്തവർ അവിടെ പേ ലീനാണത് ലീനന്മാരും അവര് ദീനതയെ അറിയിക്കുന്നവരാണ് ശോചനീയന്മാരാണ് പ്രാകൃതന്മാർ മൂഢന്മാർ ദൈവപര അങ്ങനെയുള്ള ആൾക്കാരാണ് എല്ലാം വിധി വിധിയും കണ്ടിരിക്കുന്നത് മറിച്ചാണെങ്കിൽ അവർ വിധിയെ വിജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കും അഭിന്നസ്യതി തേയം ഓരോശം ബലവേദ മർമ്മശമുട്ര ഈ വിധി കൊണ്ട് കർമ്മം നശിക്കുകയാണെങ്കിൽ പൗരുഷകൃതമായ കർമ്മം നശിക്കുകയാണെങ്കിൽ തത്ര ആശയങ്ങൾ പേരും പൗരുഷന് നമ്മൾ മനസ്സിലാക്കിയാമോ ആ വിധി എന്ന് പറയുന്നത് ഇത് മുൻപ് ചെയ്ത ദലപത്തായ പോഷം തന്നെയാണ് വിധിയെല്ലാം നശിപ്പിക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തിയുടെ ഫലത്തെ വിധി നശിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ ആ വിധി എന്ന് പറയുന്നത് മുൻപ് ചെയ്ത പ്രവൃത്തിയാണ് ധനമുള്ള പ്രവൃത്തിയായിരുന്നു വിധിക്ക് ബലം കൂടിയിത്ര നാശയു ദയം ശയിത നശിപ്പിക്കുന്നവൻ എന്താണ് ബലവത്തരം പൗരുഷം ആ നശിപ്പിക്കുന്നവന് ബലവത്തായ പൗരുഷമായി മനസ്സിലാക്കുന്നു ഇത് ഏകബൃന്ദോ ഏകം ശൂന്യകൂട അത്ര പ്രയത്നസ്ഫുരിത ഏകബൃന്ദ്ര ഏകബൃന്ദം എന്ന് വെച്ചാൽ ഞെട്ടൻ ഒരു ഞെട്ടൻ എന്ന് പറയുന്നു രണ്ട് ഫലങ്ങൾ ഡൽഹിക്കും മറ്റും ഉണ്ടാവില്ല ഒന്നിൽ തന്നെ ഒരുപാട് ഫലങ്ങളുണ്ട് ഒന്നായിട്ട് ഒന്നിൽ ഒരുപാട് ഫലങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒന്നിൽ ഒരു വർഷത്തിൽ ഒരു ഞട്ടിൽ ഒന്നിൽ കൂടുതൽ ഫലമായിരിക്കും അതാണ് ഏകപരണവലയോ അതൊക്കെ ഏതൊക്കെ ശൂന്യമൂല അത് ഒന്നെടുത്ത് നോക്കിയപ്പോൾ എന്താണോ ആ ഫലങ്ങളിലൊന്ന് അതിനകത്ത് രസവും നാം മറ്റതാണെങ്കിലോ അതിനകത്ത് ശൂന്യമല്ല മാംസമല്ല അതിൻ്റെ അകത്ത് രസവും സ്വന്തം മനുഷ്യന് അനുഭവിക്കും പരസത്തിനെഴുതിയിട്ടാണ് ഫലത്തെടുത്തത് പക്ഷെ രണ്ടും വിപരീതമാണ് ഇത് കണ്ട എന്ത് മനസ്സിലാക്കാം അത്ര പ്രയത്നം സൃഷ്ടിക്കുക ഇതെന്ന് മനസ്സിലാക്കാം ആ പൊള്ളയായ ഫലത്തിൽ ഒരു പ്രയത്നം നടത്തി ാര്യങ്ങൾ സംഭവിച്ചു അതിന്റെ രസം അതനുഭവിച്ചു അതിന് ശൂചി വഴി ഓർഡർ അപ്പോ കർമ്മഫലം അങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് പ്രയത്നം തന്നെ എന്തെയ്യുന്നു ഫലത്തെ ഇല്ലാതാക്കി വെച്ചാൽ പൂർവജന്മ ഇനി വരുന്നവരും കാരണം വന്മ ആ വിധി എന്ന് പറയുന്ന പ്രയത്നം എന്ത് ചെയ്തു ഇല്ലാതാക്കി കാരണം എന്താണ് ഒന്ന് എന്ന കർമ്മം തന്നെയാണ് പുരുഷന്റെ കർമ്മം തന്നെയാണ് വിധിയായിട്ട് വരുന്നത് ഈ ജന്മത്തിലെ ഫലമായിട്ട് വരുന്നത് രണ്ടിനു കാരണം കർമ്മം തന്നെ പക്ഷെ ഒരു പ്രയത്നം മറ്റൊന്നിനെ നശിപ്പിക്കും പുരുഷപ്രയത്നം ഇതേ നശിപ്പിക്കും രണ്ടിനും കാരണമുണ്ടെന്ന് കാണിക്കാനാണ് ഒരു ഞെട്ടിന്റെ രണ്ട് ഫലവും ഒന്ന് പൊള്ളയാണെന്ന് പറയുന്നത് ആ ഫലം പ്രയത്നം കൊണ്ട് നശിച്ചു തത്ര പ്രയത്നസ്മരിത ആ പൊള്ളയായ ഫലം എനിക്ക് അവിടെ നമുക്കൊരു പ്രയത്നത്തെ മനസ്സിലാക്കാം പ്രയത്നം സ്ഫുരിതമാവും പ്രകടമാവും ആർക്കത് കാണുന്ന ഊഹിക്കില്ല അകത്ത് ആരോ പണിയെടുക്കും യഥാ പ്രയത്നസ്ഫുരിത തഥാ രസസംബ ആ രസത്തെ സംബന്ധിച്ചുള്ള ബോധം അതും അങ്ങനെയല്ല ആ രസത്തെ ആരോ അതിൻ്റെ പിന്നെയാണ് പ്രയത്നവും പിന്നെ അതിന്റെ രസത്തെ കുറിച്ചുള്ള ബോധവും നമുക്ക് തരുന്ന എന്താണ് അതിൻ്റെ പിന്നിൽ പ്രയത്നവും രസമില്ല അതിന് മനസ്സിലാവും അതുകൊണ്ടെന്താണ് കർമ്മമാണ് വിധിക്കും ഇന്നത്തെ ഫലത്തിനും കാരണം രണ്ടും ഒരു ഞെട്ടിന്റെ രണ്ടും ഫലമാണ് പക്ഷേ പ്രയത്നം എന്ത് ചെയ്യുന്നു വിജയം വന്നര ദിവസം യംഗി ജഗദ്ഭാവ സംസിദ്ധ അഭിസംക്ഷേ ശീകാരക യം മഹക്കലം സംസിദ്ധ ജഗദ്ഭാവ അഭി സംശയം പ്രയാവെസ്മാ സംസിദ്ധമായിരിക്കുന്നു ലോകസിദ്ധമായിരിക്കുന്നു അല്ലെങ്കിൽ നിത്യസിദ്ധമായിരിക്കുന്നു അല്ലെങ്കിൽ സർവതേ അനുഭവത്തിൽ നിലനിൽക്കുന്നതായ ജഗദ്ഭാവങ്ങൾ ജഗത്കാരി എന്തൊക്കെ ഈ ജീവിതത്തിലുണ്ടോ ഇതെല്ലാം അത് നിലനിൽക്കുന്നതായാൽ കൂടി സംശയം പറയുക നാശത്തെപ്രവി ഹിമാലയം പോലും നാശത്തെപ്രവി എല്ലാം നാശത്തെ പ്രാപിക്കുന്നു അതിൽ നിന്ന് മനസ്സിലാക്കാം ക്ഷയകാരകൾ മനസ്സിലാക്കാം എന്ത് നശിച്ചാലും ശരി അതിന്റെ പിന്നിൽ അതിനെ നശിപ്പിക്കുന്ന ഒരു പ്രയത്നമുണ്ട് നേരത്തെ കീടത്തിന്റെ ഉദാഹരണം പറഞ്ഞു ഇവിടെ എന്ത് നശിക്കുന്നു അതിന്റെ പിന്നിൽ അതിനെ ഒരു പ്രയത്നം ഉണ്ടാവും നേരത്തെ പറഞ്ഞു പ്രപഞ്ചത്തിന്റെ പ്രളയം ദേവതകളാണ് അതുണ്ടാക്കുന്നത് അതുകൊണ്ട് എല്ലാ നാശത്തിന്റെ പിന്നിലും ഒരു പ്രയത്നം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവവും നശിക്കും അത്രജ്ഞയം മഹത് ബലം ക്ഷയത്തെ നശിപ്പിക്കുന്ന ആ പ്രയത്നം അതിനാണ് ബലം കൂടുതൽ അതുകൊണ്ട് നശിച്ചു പോകുന്നത് ജഗത്തിൽ പലതും നിലനിൽക്കുന്നുണ്ട് എന്തുകൊണ്ടത് സ്ഥായിയായി നിലനിൽക്കുന്നില്ല ആ സ്ഥായിയായി നിലനിൽക്കുന്നതിനെ പോലും നശിപ്പിക്കുന്ന ഒരു പ്രയത്നം പിന്നിലുണ്ട് അതുകൊണ്ടാണ് പ്രളയവും മറ്റും സംഭവിക്കുന്നത് ദേഹത്തിന് മുഴുവൻ നാശം സംഭവിക്കുന്നത് അതിന്റെ പിന്നിലെന്തുകൊണ്ട് ദേവന്മാരുടെ ഈശ്വരന്മാരുടെയൊക്കെ പ്രയത്നമുണ്ട് അങ്ങനെ പറഞ്ഞു വരുന്നു അപ്പൊ ഇവിടെ നാശമുണ്ടോ എന്ന പ്രയത്നമുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവവും പ്രയത്നമെങ്കിൽ പ്രവർത്തിക്കുക അതിനും ഒരു എന്താണ് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഈ പറയുന്നത് പ്രചോദനം പ്രവൃത്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു ആ രീതിയിലത് നല്ലതാണ് വീണ്ടും പറയുന്നത് പുരുഷാക്കും പരസ്പരം നമ്മൾ വന്നാണ് പരസ്പരം തലകൊണ്ടിയുന്ന രണ്ട് ആടുകളും അത് ദൈവവും പുരുഷപ്രയത്നവും യുദ്ധം ചെയ്യുകയാണ് ബലമുള്ളതും ചെയ്യിക്കും എന്ന് പറഞ്ഞ് പുരുഷപ്രയത്നം തന്നെ അവസാനം ഒന്നും വിധിക്ക് വിട്ടുകൊടുക്കരുതെന്നും പ്രയത്നത്തിലൂടെ വിധിയെ ചെയ്യുകയാണ് ഭിക്ഷുവോ മംഗളേ ഭേനോയക്രിയ ജയകല അതമാക്കിയ ഇതുവരെ പറഞ്ഞതിനൊക്കെ നേരെ തകടം മറിയുന്ന ഒരു കാര്യമാണ് തകടം മറിഞ്ഞു എന്ന് പറഞ്ഞ് പ്രയാസപ്പെട മുമ്പോട്ട് കഴിഞ്ഞു പോയി മാറ്റി പറയും വാശിഷ്ടത്തിന് അങ്ങനെ ഒരു ഗുണമാണ് എല്ലാ അഭിപ്രായങ്ങളും മാറ്റി മാറ്റി ഇവിടെ ഈ പറയുന്ന പഴയ കാലത്ത് രാജാക്കന്മാരുടെ രാജ്യത്ത് അനന്തരാവകാശികളില്ലാതെ ഇതിന്റെ രാജാവിന് പുത്രന്മാരല്ലാതെ ഇനി ചിലപ്പോ പുത്രി ഇല്ലാതെ പുത്രന്മാരില്ലെങ്കിൽ ചിലപ്പോ പുത്രിയെ രാജാവാക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടു പലപ്പോഴും അങ്ങനെ സംഭവിച്ചിരുന്നു പുത്രന്മാരില്ലാതെ വന്ന ഒരു പുത്രിയെ രാജാവാണ് കാരണം രാജാവിന് തന്റെ സ്വത്ത് അന്യാഹീനപ്പെടാതിരിക്കുക എന്നിട്ട് ആ പുത്രിയെ വേറൊരു രാജകുമാരനെ കൊണ്ട് പോകാൻ കഴിയിട്ടില്ല അപ്പൊ പിന്നെ വീണ്ടും ആ പരമ്പര തുറന്നു നോക്കാൻ ഒരാൾ വന്നു തന്റെ പരമ്പരയിൽ തന്നെ പോകണം അത് മുമ്പോട്ട് പോകണം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോ ഇതാരും ഇല്ലാതെ വന്നാൽ എന്തു ചെയ്യും പുത്ര പുത്രി രാജാവ് വേണ്ടത് അതിന് പഴയ കാലത്ത് ചെയ്ത ഒരു വിദ്യയാണ് അവര് നല്ല ഇളക്കമുള്ളവരാണ് ആന പൂജ ചെയ്ത് ഒരുപാട് പൂജകളൊക്കെ ചെയ്തു നല്ല ഇണക്കമുള്ളതായിരുന്നു നമ്മുടെ അരിക്കൊമ്പനൊന്നും ആയിരിക്കാം കേട്ടിട്ടുണ്ട് അരിക്കൊമ്പൻ എന്തായാലും കേട്ടിട്ടുണ്ട് വേണ്ട ഇണക്കൗണ്ട് ആനയുടെയും പൂജയൊക്കെ നടത്തി കൊണ്ട് ഇറങ്ങും ആനയും അതിന്റെ കയ്യില് പിന്നെ അതെങ്ങനെയാണ് ചെല്ലത്ത് പറയുന്നത് ഈ ആനയുടെ കയ്യിലൊരു മാലമാണ് ട്രെയിനിങ് ഉള്ള ആനയാണ് അപ്പോ മന്ത്രി പൌരന്മാരും എല്ലാവരുടെ പുറകെ ചെണ്ടയും കൊട്ടിയും ഇങ്ങനെ നടക്കും എന്നിട്ട് ഈ ആന ഈ മാല കൊണ്ടുപോകുന്ന ആരുടെ കഴുത്തിലാണ് ഇവിടുന്നത് അയാള് രാജാവ് ബാക്കി അപ്പൊ ഈ ആന ഇങ്ങനെ നടന്നു പോകുമ്പം വഴിയിട്ടൊരു ഭിക്ഷു ഇരിക്കുന്നു സർവ സംഘം ഇരിക്കുകയാണ് അതായത് രാജാവുമാകണ്ടോ ഒന്നും ആകണ്ടോ എല്ലാരും മേടിച്ചിട്ട് നടക്കുന്നു ഈ ആന ഇല്ലേ ഇയാളെ വഴങ്ങിക്കൊണ്ടി മാറിയിട്ട് ചിലപ്പോൾ അടുത്തേന്ന് നിൽക്കുന്നതായിരിക്കും ചിലപ്പോ തൊടുന്നതായിരിക്കും എനിക്ക് കൃത്യമായി അറിയുന്നത് ഇത് കഥയാണ് എന്തായാലും ലോട്ടറി അടിച്ചത് ഭിക്ഷുവിനാണ് ഈ എല്ലാം പുരുഷപ്രയത്നം കൊണ്ട് സാധിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ലോട്ടറി അടിക്കുന്ന എങ്ങനെയാണ് അത് പുരുഷപ്രയത്നം കൊണ്ടാണോ സാധിക്കുന്നത് വേണമെങ്കിൽ എന്ന് പറയാം പുരുഷ പ്രയത്നമാണ് എന്തുകൊണ്ടായിട്ട് അത് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അങ്ങനെ ആ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എത്ര പേരുടെ പുരുഷപ്രയത്നം കൊണ്ടാണ് ലോട്ടറി അടിക്കുന്നെങ്കിൽ എല്ലാവർക്കും അടിക്കും പിന്നെ ഫലം എന്ന് പറയുന്നത് ഇയാളുടെ പ്രയത്നമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇയാൾ മുടക്കുന്നത് പത്ത് രൂപ കിട്ടിയത് ഒരു ലക്ഷം അപ്പൊ പ്രയത്നവും ഫലമാണ് നിങ്ങളും ആ ഫലത്തെ പ്രയത്നത്തിന്റെ ഫലം എന്തെങ്കിലും പറയാൻ പറ്റും നിങ്ങൾ പത്ത് രൂപ കൊടുത്ത് ഒരു ബിസിനസ് കിടത്തി അതിന് ഒരു ലക്ഷം കിട്ടിയാൽ ശരി ബിസിനസ് ചെയ്തിട്ടാണ് അപ്പൊ അതിനൊരിക്കലും പ്രയത്ന ഫലമെന്ന് പറയാൻ പറ്റും കാരണം പ്രയത്നവും ഫലമായിട്ടുള്ള കണക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം പല പല പ്രശ്നം അത് വെറും ഒരു പ്രോബിലിറ്റി മാത്രമാണ് ഒരാൾക്ക് കിട്ടുന്നത് ഒരു സാധ്യത അനുഭവത്തിനകത്തൊന്നും അപ്പോ എങ്ങനെ ഭിക്ഷു രാജാവായി ഭിക്ഷു രാജാവായത് എന്ത് കർമ്മത്തിന്റെ ഫലമാണ് എന്ന് പറയുന്ന തന്നെ ഇവിടെ പ്രത്യേകിച്ച് പ്ലേറ്റൊന്ന് മാറ്റി ഇവിടെ എന്താ പറയുന്നത് വിക്ഷുരാജാവായത് ആനയുടെയും മന്ത്രയുടെയും പൗരന്മാരുടെയും എല്ലാം പറയുന്ന ഫലമായിട്ടാണ് വിക്ഷുരാജാവ് അങ്ങനെയുണ്ട് ശരിയാവും എന്തുകൊണ്ട് എന്തോ ശരിയാവാത്ത എന്താ ശരിയാവാ ൊന്നും തോന്നല്ല എന്താ പറഞ്ഞ് കേട്ടില്ല അല്ലല്ല ഇത് ലോട്ടറി ഒരു ഫിക്സിങ്ങും ഇല്ല ഇവിടെ അത് ക്രിക്കറ്റിലൊക്കെയാണ് ഫിക്സിങ് ഇവിടെ ഒരു ഫിക്സിംഗും ഇല്ല ഇത് എന്താണ് വിക്ഷു അത് അംഗീകരിക്കണെങ്കിൽ അയാളുടെ ഭാഗ്യം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ അടിസ്ഥാനമായ സിദ്ധാന്തം എന്താണ് താണ്ടാൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താണ്ടാൻ അനുഭവിച്ചിടുകേ വരൂ അപ്പോ ഒരാളുടെ കർമ്മഫലം എന്ന് പറയുന്ന അയാളെ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിരുന്നു ഇതില്ലെങ്കിൽ പിന്നെ പുനർജന്മം പോയി അതാണ് സിദ്ധാന്തം ഇപ്പൊ ഞാനിപ്പോ മനുഷ്യനായി ജനിച്ച് എന്റെ നാട്ടുകാരുടെ കർമ്മഫലം എന്ന് എനിക്ക് പറയാൻ പറ്റും പിന്നെ എന്താണ് എന്തെന്ന കർമ്മത്തിന്റെ ഫലമാണ് ഞാൻ മനുഷ്യനാകുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമായേ എനിക്ക് മനുഷ്യനാകാൻ പറ്റും അല്ലെങ്കിൽ എന്തോരും ഈ മീമാംസ ന്യായങ്ങൾക്കെല്ലാം വലിയ ദോഷം വരും കർമ്മഫല വ്യധീകരണം വലിയ ദോഷമാണ് എന്നുവെച്ചാൽ ആരും യാഗം ചെയ്യത്തില്ല എന്തുകൊണ്ട് ഒരു പൈസ മുടക്കി കഷ്ടപ്പെട്ട് യാഗം ചെയ്യുന്ന സ്വർഗത്തിന് വേണ്ടി ഫലം കിട്ടുന്ന ആർക്ക് വേറെ പിന്നെ ഒന്നും കാശ് മുടങ്ങി കർമ്മഫലം എന്ന് പറയുന്ന സിദ്ധാന്തം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് മീമാംസകളിൽ നിന്നാണ് ഉണ്ടാകുന്നത് കർമ്മഫലം ഏകീകരണം കർമ്മം ചെയ്യുന്ന ഒരാൾ ഫലം വേറൊരാൾ അങ്ങനെ വരാനേ ആണ് ഇവിടെ എന്താ ചെയ്യുന്നത് ഭിക്ഷുവിന് എന്തുകൊണ്ട് രാജ്യപഥ അതൊരു കർമ്മഫലമാണ് ആരുടെ കർമ്മഫലം മന്ത്രിയുടെയും പൗരന്മാരുടെയും എല്ലാം കർമ്മഫലം അതാ അവിടെ എണീ നോക്കുക മംഗള ഇദ്ദേഹം മംഗള വിഭവം എന്ന് പറയുന്നത് കെട്ടി ഒരുക്കിയ ആന വിവരവും ആനയായിരിക്കും സാധാരണ ആനയെന്നുമായിരിക്കും നൃഗോ യീത ഭിക്ഷുഖ ബലാ നൃപക്രിയ ഭിക്ഷുവന എന്ത് ചെയ്യുന്നു ഈ ആന ബലാത് ബലാത് കൊണ്ടാണ് പറയുന്നത് ഉപേക്ഷിച്ച അവന് ഒരിക്കലും രാജാവ് ആഗ്രഹമില്ല പക്ഷെ ഇവനെ ഇപ്പം രാജാവായി തെരഞ്ഞെടുത്തിയാൽ എങ്ങനെ ബലമായി ആന പറയണത് ഈ രാജാവായാലും അതനുസരിച്ചേ പറ്റും അനുസരിച്ചില്ലെങ്കിൽ പ്രജകളെല്ലാം കൂടെ അവനെ തള്ളിക്കൊണ്ടു അത് ബലാത് ശരി അതെങ്ങനെ സംഭവിച്ചു തത് അത്യ ഇപ്പൊ പൗരാണ പ്രയത്നസ്യ ബലം മഹത്വം അതെന്താണ് അമാത്യൻ ഇപ്പ ആന പൗരാണ ജനങ്ങൾ അവരുടെ എല്ലാം പ്രയത്നസ്യ മഹത് ബലം അവരുടെ എല്ലാം പ്രയത്നത്തിന്റെ മഹത്തായ ഒരു ബലമാണെന്ന് വെച്ചാൽ ബലമാണത് ഇത്രയും പേര് അതില് ഈ ഭിക്ഷുവിന്റെ കർമ്മഫലം ഇല്ലെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത് അയാള് ബല ബലം പ്രയോഗിച്ച് അയാളെ പിടിച്ചെന്താക്കി അയാളുടെ ഇഷ്ടമില്ല ഭിക്ഷു മരിക്കുന്നത് ആഗ്രഹിച്ച് ശരിയായ ഭിക്ഷു ആണെങ്കിൽ രാജാഭാഗം ഉണ്ടല്ലോ അയാൾ എന്തിനാണ് രാജാവാകും പക്ഷെ ഇവിടെ ആയേ പറ്റും അയൊക്കെ രാജ്യത്ത് ജീവിക്കണമെന്ന് രാജാവായ അപ്പോൾ രാജ്യം എന്ന് പറയുന്നത് വലിയ കർമ്മഫലം ഉണ്ടായാലേ രാജാവാകാം ചെറിയ കാര്യമാണ് രാജ്യലാഭം എന്ന് പറയുന്ന ഒരു വലിയ ഫലം മറ്റുള്ളവരുടെ പ്രയത്നം കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ കർമ്മസിദ്ധാന്തത്തിന്റെ അടിമാർഗങ്ങളാണ് മനസിലായ അംഗീകരിക്കാൻ കർമ്മസിദ്ധാന്തം അനുസരിച്ച് താൻ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഫലം താൻ തന്നെ അനുഭവിക്കണം അന്നേശരിയോ മറ്റുള്ളവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം കൂടെ താൻ അനുഭവിക്കാൻ തുടങ്ങിയാ പിന്നെ താൻ ചെയ്യുന്ന കർമ്മഫലവും താൻ അനുഭവിക്കണം എല്ലാം കൂടെ താൻ മുടിഞ്ഞു എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്ന കർമ്മഫലവും അനുഭവിക്കണം നിങ്ങളെല്ലാരും ചെയ്യുന്ന കർമ്മഫലവും ഞാൻ അനുഭവിക്കും ഇത് മീമാംസ ശാസ്ത്രം അംഗീകരിക്കും പ്രധാന ദോഷമാണ് നമ്മുടെ ഇവിടെ പ്രചാരത്തിലാതം കർമ്മബല ധീകരണത്തിനെതിരാണ് അംഗീകരിക്കുന്നത് ഇത് കർമ്മം ഒരിടത്തിരിക്കുക ഫലം വേറിടത്തിരിക്കുക പക്ഷെ ഇവിടെ അതാവ് ഇത് നമ്മുടെ എന്താണ് നമ്മുടെ ഈ ഫിലോസഫി വിട്ടുകഴിഞ്ഞു ഏതാണ് നമ്മുടെ വിട്ടുകഴിഞ്ഞോ എന്ന് വെച്ചാൽ നമ്മുടെ പുരുഷൻ ആത്മാവ് ദേഹി ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ എന്താണ് ദാർശനികമായ സങ്കല്പങ്ങളെ മാറ്റി നിർത്തി ഈ പറയുന്നതാണ് ശരി നിറമിത് എവിടത്തെ ശരിയാവും സോഷ്യൽ സയൻസിൽ ഇതാണ് ശരി ഒരു മനുഷ്യനും അവന്റെ മാത്രം കർമ്മത്തിനൂടെ ആനുകൂല്യത്തില്ല അവനീ പറയുന്ന ശരിയുണ്ട് എങ്ങനെയാണ് അതിജീവിക്കണമെങ്കിൽ പിന്നെ നമ്മൾ പൗരുഷം കർമ്മം ഇതൊക്കെ വരും ആദ്യം എന്ത് വേണം ജനിക്കുന്ന കുഞ്ഞു അതിജീവി ആ കുഞ്ഞിന്റെ അതിജീവനം അതിന്റെ പ്രയത്നം കൊണ്ട് സാധ്യമാവും അതൊരു ജീവനാണ് ജീവൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് മീശ വന്നതിന് ശേഷം ജീവനാണ് പൗരുഷം ഉണ്ടായതിനു ശേഷം സ്ത്രീക്ക് ഉണ്ടായ ശേഷം ജീവിക്കുമ്പോഴേ ജീവനാണ് സ്വന്തം പൗരുഷം കൊണ്ട് ഒരു ജീവിക്ക് ഒരു പ്രത്യേകിച്ച് മനുഷ്യൻ പ്രത്യേകം പറയും മനുഷ്യ ജീവന് ഒരിക്കുന്നു അതിജീവന സാധ്യത അപ്പോ എല്ലാം എന്താണോ ഇപ്പൊ അവിടെ അമ്മയുടെ വിശേഷം നിരന്തരമായി പറ്റിയ കണ്ണ് തെറ്റാതെയുള്ള പരിചരണം വേണം എന്നാല് പുരുഷനോ സ്ത്രീയോ ഒക്കെ ആവും പിന്നെ ആരൊക്കെ പരിചരിക്കുന്നു അവനേത് സാഹചര്യത്തിലാണ് ജനിക്കുന്നത് ആരാണ് അവനെ വളർത്തിക്കുന്നത് അവിടെ നിതാന്ത ജാഗ്രത കൊണ്ട് മാത്രമേ ഒരാൾക്ക് ആ ശൈശാവസ്ഥയെ മറികടക്കാൻ പറ്റും അപ്പോ അവിടെ അവൻ എന്തൊക്കെ ആർജിച്ചെടുക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ എല്ലാ മൂല്യങ്ങളും അവന്റെ എല്ലാ സ്കില്ലുകളും ഒന്നും അവൻ്റെതല്ല പിന്നെ അത് സമൂഹത്തിൽ നിന്നും അവന് കെട്ടുന്നതാണ് വലിയൊരളവ് ചെറിയൊരു പങ്ക് അവൻ ജനിച്ചു എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് ഒരു താങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയൊരു സ്കില്ലാണ് എന്താണ് ഭാഷ നമ്മൾ ഈ പൊട്ടശാസ്ത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇതുകൂടെ ബോധം വേണം എന്താണ് ഭാഷ എന്ന് പറയുന്നൊരു സ്കില് ഈ ഭാഷ ഞാൻ മലയാളം സംസാരിക്കുന്നു ഒരാൾ തമിഴ് പറയുന്നു ഒരാൾ ഇംഗ്ലീഷ് പറയുന്നു ഈ ഒരു സ്കില്ല് നമുക്ക് എങ്ങനെയാണ് നമുക്ക് കൈവെന്ന് എങ്ങനെയാണ് എന്റെ പ്രയത്നം കൊണ്ട് ഞാൻ നേടിയാണ് ഇത് നിരന്തരമായ നമ്മുടെ ശൈത്വത്തിൽ എന്താണ് മറ്റുള്ളവരുടെ ട്രെയിനിങ് ആണ് പ്രധാന കാരണം ഞാനും പ്രയത്നിച്ചു എല്ലാന്ന് പറയും ആ ട്രെയിനിങ് ആദ്യം എന്റെ അമ്മയുടെ ട്രെയിനിങ് പ്രധാനമായും പാർക്കും വിഷേദിക്കാൻ പറ്റും അമ്മയുണ്ടെങ്കിൽ ഇത് ഞാനോ എന്നെ വളർത്തിയ ആളായി അച്ഛന്റെ ട്രെയിനിങ് പരിചാരകരാരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാം ട്രെയിനിങ് എനിക്ക് ഞാൻ സംസാരിക്കും ഒരു സംശയം ലോകത്ത് ചെന്നായി ഒന്നുത്തിയ കുട്ടികളുണ്ട് ഒന്നും സംസാരിച്ചിട്ട് അനുഭവിക്കും ആ പലയിടത്തും ശാസ്ത്രജ്ഞന്മാര് സംസാരിപ്പിക്കുന്നതിന് വേണ്ടി പരമാവധി കഴിഞ്ഞ് ചില ഓവൽസ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് സ്വരങ്ങൾ മാത്രം അതിനപ്പുറം സംസാരിക്കാൻ കഴിയില്ല കുറച്ച് പരിധി കഴിഞ്ഞു പോയാ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ ഈ സം സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങനെ മനുഷ്യൻ മനുഷ്യനോട് ആശയവിനിമയം നടത്തും സാധിക്കുന്നതായിരിക്കും അപ്പൊ പുരുഷ പ്രയത്നം കൊണ്ടാകുമ്പോൾ നേടുന്ന കൂടെയൊക്കെ ഒരു അബദ്ധ ചിന്തയാണ് ഇതൊക്കെ നമുക്ക് എന്താണ് ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്നത് സോഷ്യൽ സയൻസിൽ ഷെയർഡ് വാല്യൂസ് എന്നാണ് വെച്ചാൽ കൈമാറ്റം ചെയ്യപ്പെട്ട കഴിവുകളോ മൂല്യങ്ങളോ ഒക്കെയാണ് എല്ലാം നമ്മളിലുള്ളത് അങ്ങനെ എല്ലാം ഒന്നും നമ്മളിലില്ല ഈ സാമൂഹ്യ ശാസ്ത്രത്തെക്കുറിച്ച് നമ്മുടെ പഴയ ആൾക്കാർക്ക് തീരെ ബോധമില്ല അതുകൊണ്ടാണ് ഈ ഏകത്തിലേക്ക് പോയി നമ്മളെ കേവലൊരു യൂണിറ്റായി കാണുക അതാണ് പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നുള്ളൊരഹംഭവ ഇതാണ് എൻ്റെ ഒരു ഏകകം എന്ന് പറയുന്നത് എൻ്റെ ഒരു യൂണിറ്റായി എനിക്ക് തോന്നുന്നു ഞാൻ ഒന്ന് ഞാൻ ഒന്ന് വേറിട്ടാണ് അഹമ്മിൽ മാത്രമല്ലേ ഉള്ളൂ എൻ്റെ അഹം വേറൊരാളെ ഒരാളെനിക്ക് നീന്തന്നെ പറയാം അതൊന്നാണ് പിന്നെ മറ്റൊന്നാൻ്റെ ഒരു തുടർ നമ്മൾ ശാസ്ത്രീയം എല്ലാം ശൈശവ ബാല്യ ഒരേ അഹംബോധം തുടരുന്നു അത് ശരിയാണ് അതിൻ്റെ ഒരു കണ്ടന്റ് ആയിരിക്കും മൂന്നാമത് വരുന്ന ഇതിൻ്റെ ഒരു പ്രൈവസ് എന്താണോ ഞാൻ എന്റെ ഉള്ള് എന്റെ മനസ്സ് എന്റെ ബുദ്ധി എന്റേതായ കുറെ കാര്യങ്ങൾ അതെനിക്ക് എന്റെ അത് എന്റെ ഒരു പ്രൈവസപ്പെടുന്ന കാര്യങ്ങളാണ് വേറെ ആർക്കും അത് കൈകടത്താൻ പറ്റില്ല എന്റെ പ്രത്യക്ഷം എന്ന് പറയുന്നത് വേറൊരാൾക്കും പ്രത്യക്ഷമാണ് അതാണ് പറഞ്ഞാൽ എന്റെ വിശ്വ എന്റെ ദാഹം അതൊരിക്കലും എന്തൊരു പ്രത്യക്ഷ ഞാനിപ്പോൾ വെള്ളമെടുത്ത് കുടിക്കുന്നു ചോദിക്കുന്ന ദാഹമല്ലാ അത് നിങ്ങളുടെ പ്രത്യക്ഷമായതുകൊണ്ടല്ല ചോദിക്കുന്നത് പിന്നെയോ അനുമാനം ഉപമാനം ശബ്ദം അർത്ഥാപൃത്തി ഏത് നിർമ്മാണം ഉപയോഗിക്കുക പ്രത്യക്ഷമായിരിക്കും അതെന്റെ തന്നെ പ്രത്യക്ഷമാണ് അതിനൊരു പ്രൈവസി എന്ന് പറയും ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്റെ ആ ഏകത്വം അതിന്റെ തന്നെ തുടർച്ച മൂന്നാമതെന്നിൽ തന്നെ വരുന്ന എന്റെ പ്രൈവസി ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് എന്റെ പ്രയത്നം ഞാൻ എല്ലാം നേടിയത് അങ്ങനെ എന്റെ പ്രയത്നം ഒന്നും നമ്മളില്ല വേണമെങ്കിൽ നമുക്ക് പറയാം എന്റെ പ്രയത്നവും അതിനകത്തുണ്ട് എന്ന് പറയും അതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഭാഷയുടെ ഉദാഹരണം പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മളെ പരിചയപാലിച്ചവർ നമുക്ക് കൈമാറി തന്നതും നമ്മൾ ശ്രമിച്ചാർജിച്ചതും കൂടെ ചേർന്നാലെ അങ്ങനെ ഒരു ഭാഷ എന്ന് പറയുന്ന ഒരു ഒരു സത്ത ഒരു സ്കില്ല് നമ്മളിലുണ്ടാവും അതിൻ്റെ പൗർഷം കൊണ്ട് നമ്മൾ എന്ത് കഴിഞ്ഞു വികാരങ്ങളെ നമുക്ക് നമ്മളേറ്റവും കെട്ടിഘോഷിക്കുന്ന ഒരു നമ്മുടെ വികാരം നമ്മുടെ സ്നേഹം ഈ സ്നേഹവും തുടരുന്ന ഈ വികാരം എങ്ങനെ നമ്മളുടെ ഉണ്ടായി എങ്ങനെ ഉണ്ടായി എങ്ങനെയാണ് നമ്മളുടെ സ്നേഹവും അത് ആദ്യം നമ്മുടെ മാതാവിൽ നമുക്ക് ട്ടിയാണ് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ആരാണോ പരിപാലിച്ചത് അവരെന്നും നമ്മളിലേക്ക് വന്നു നമ്മൾ തിരിച്ചും കൊടുത്തു അതിന്റെ വിത്ത് നമ്മുടെ പ്രേലുണ്ടെന്നൊക്കെ പറയും പക്ഷേ നമ്മളതിനെ വളർത്തിക്കൊണ്ടുവരുന്നു അതിനെന്താണ് പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു മൂല്യമേ പിന്നെ നമ്മളാ സ്നേഹം എന്ന് പറയുന്നത് വ്യാപിപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമില്ല അത് എന്താണ് ഉറവ് വലിയ ഒരു ജലസ്രോതത്തിലൂടെ വറ്റിക്കഴിഞ്ഞ പിന്നെ അവിടെ ജലം വരും അപ്പോൾ ഈ സമൂഹത്തിൽ എന്തെങ്കിലും വേണം മനുഷ്യൻ തന്നെ വേണമെന്നില്ല ചിലർ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർ പൂച്ചയെ സ്നേഹിക്കും പട്ടിയെ സ്നേഹിക്കും െ ബാഹ്യമായൊരു അവലംബം ഇല്ലാതെ ഈ സ്നേഹം എന്ന് ഒരു വികാരത്തെ നിങ്ങൾക്ക് പറ്റും ഇതിന് സോഷ്യൽ സയൻസ് പറയുന്നത് സോഷ്യൽ എംപെഡിംഗ് എന്ന് പറയും നമ്മൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം ഇൻ ഗ്രൂപ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ഗ്രൂപ്പായിരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വളർത്തിയെടുക്കുന്ന പല സംഗതികളാണ് ഇവിടെ അത് നമ്മുടെ ഒരാളുടെ പ്രയത്നം കൊണ്ടുണ്ടാവുന്നതല്ല നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ സംഭാവന കൂടെ കൊണ്ടുണ്ടാവുന്നതാണ് ഏത് വികാരം സ്നേഹം അസൂയ എടുക്കും നിങ്ങളുടെ ഉള്ളിൽ അസൂയ എന്ന് പറയുന്ന വികാരം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം സ്വയതൊന്നും ആരെങ്കിലും ഒരുത്ത മുമ്പേ വേണം എന്തെങ്കിലും ഒന്നും വേണം ഒരാളെ വേണമെന്നില്ല അപ്പൊ രണ്ടാമതൊന്നിനെ ആശ്രയിച്ചിട്ട് അത് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനൊരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് കൂടുതലും മനുഷ്യന് ഇത് ഈ എല്ലാ വികാരങ്ങളും കാമവും ക്രോധവും ലോകവും മതവും മാത്സര്യവും എല്ലാം സ്വന്തം പ്രയത്നം കൊണ്ട് ആർജിക്കുന്നതെന്ന് പറയാൻ പറ്റിയില്ല അതിനെന്താണോ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു മൂല്യമാണ് അതിലെപ്പോഴും ഉള്ളത് അതില് നമ്മുടെ പ്രയത്നം എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗം ഉണ്ട് ഇല്ലാത്തല്ല നമ്മൾ പുരുഷ പ്രയത്നം കൊണ്ട് നേടി എന്ന് പറയുന്നത് എന്താ വെയ്യൊരു വലിയൊരു വീടുകൂടെയിരിക്കും എന്താ ഇതേതെങ്കിലും ഒരു പുരുഷന്റെ പ്രയത്നമാണ് പറയാൻ പറ്റും പിന്നാളെന്റെ പ്രയത്നമാണ് ഇതിനെല്ലാം ഉള്ള മൂല്യം എന്ന് പറയുന്നത് എന്താണോ ഒരു ഗ്രൂപ്പിന്റെ ഇൻ ഗ്രൂപ്പിനകത്ത് വരുന്ന മൂല്യമാണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ എന്താണോ സ്കില്ലുകളെയോ ഈ പറയുന്ന വികാരങ്ങളെയോ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരവസം നമ്മൾ ചട്ടുവോ അതാണ് മോക്ഷം എന്ന് പറയുന്നത് അവർ ഒന്ന് സങ്കല്പിക്കുക നമ്മളൊരു വിജനമായൊരു സ്ഥലത്ത് ചെന്ന് പെട്ടു അവിടെ നമുക്ക് ചുറ്റുപാടും ഭയപ്പെടുത്താനുള്ള സാഹചര്യങ്ങളേ ഉള്ളൂ പാമ്പും പുലിയും ഇതൊക്കെയുള്ളു നിങ്ങൾക്ക് സ്നേഹവും പറയുന്ന ഒരു വികാരത്തെ പുലർത്തി പോകാൻ കഴിഞ്ഞു പറ്റുള്ളൂ സ്നേഹം എന്ന് പറയും പോകും നിങ്ങളെ കടിച്ചു കൊല്ലാൻ വരുന്ന പാമ്പിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും വേണമെങ്കിൽ പറയാം എനിക്ക് എന്നോട് സ്നേഹം തോന്നുന്നു അല്ലാതി ആയുസാണ് അപ്പം ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതിജീവനെ കാരണം ഈ ജീവന്റെ ഒരു പ്രധാനമായ സംഭവം എന്ന് പറയുന്നത് അതിജീവനമെന്നാണ് അതിജീവനം വെച്ചാൽ മുമ്പോട്ട് പോവുക ജീവിച്ച് തന്നെ പോവുക മരിക്കുക എന്നുള്ള ഈ അതിജീവനമെന്ന് പറയുന്നത് കേവലമായ പുരുഷപ്രയത്നം കൊണ്ട് സാധിക്കുന്നു എന്റെ പ്രയത്നം കൊണ്ട് ഞാൻ ഇങ്ങനെ നേടിയെന്ന് ആർക്കും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പറയുന്ന എന്താണ് മനുഷ്യൻ ഈ സാമൂഹ്യബോധം കണ്ടിട്ട് ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് ചിന്തുപോലൊന്നും തന്നെ ഒരു യൂണിറ്റ് ആയിട്ട് സങ്കല്പിക്കുക തന്റെ ആ യൂണിറ്റിന്റെ തുടർച്ചയാണ് തന്നെ സംഭവിക്കുന്നതെന്ന് കരുതുക പിന്നെ തന്റെ പറയ അതിൽ താൻ ഒതുങ്ങി പോവുക അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന നമ്മുടെ തത്വശാസ്ത്രത്തിൽ പറയുന്ന നിർമുണ പുരുഷന് അതിനെയൊന്നും കണക്കിലെടുത്തിട്ടല്ല അതും മറ്റൊരു വിഷയമാണ് പറഞ്ഞല്ലോ ഇത് സാമൂഹ്യ ശാസ്ത്രത്തെ കുറിച്ചു തലയിൽ നിന്ന് പല മാനങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്ന ഒരു ഭാഗം മാത്രമാണ് നമ്മളെന്തെങ്കിലും എന്താണ് ഏതെങ്കിലും ഒരു ഡയമെൻഷൻ മനസ്സിലാക്കിയിട്ട് ഇതാണ് ഇതിന്റെ പൂർണ്ണം എന്ന് ധരിക്കുന്ന കഥ ആ ഒരു കാര്യമില്ല നമ്മളറിയാത്ത പല മാനങ്ങളും മനുഷ്യജീവിതത്തിൽ കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് സ്നേഹമെന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാവണമെങ്കിൽ സ്നേഹിക്കാൻ കൂടെ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നില്ല ഒരാളെങ്കിലും വേണം അതാണ് ഇപ്പോൾ സ്നേഹിക്കുന്ന ആൾ നഷ്ടപ്പെടുന്നു ആ സ്നേഹിക്കുന്ന വ്യക്തികൾ എന്താ സംഭവിക്കുന്നത് സ്നേഹമില്ലാതായിപ്പോൾ അപ്പോഴാണ് എന്താകുന്നത് സ്വാമിയാവുന്നത് മനസ്സിലാകുന്നത് അതിനെ നമ്മൾ പറയുന്നത് എന്താണ് വിരക്തി വിരക്തി എന്ന് വെച്ചാൽ എന്താർത്ഥം എന്താർത്ഥം മനസ്സിനേ ഈ പറയുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ നമുക്കത് എന്താണോ പിന്നെ നമ്മൾക്ക് അതിജീവിക്കണമെങ്കിൽ മനസ്സിലാകാം നമ്മൾ ഇതിനെ വേറെടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി മാറ്റി വെക്കേണ്ടി എന്നാലും പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാം അത് ഒരുത്തരന്തു ചെയ്യുന്നു അവന്റെ വീട്ടിൽ നിന്ന് മാതാവ് പിതാവ് സുഹൃത്തുക്കൾ സഹോദരങ്ങള് എല്ലാരോടുകൂടെ സ്നേഹമെല്ലാം മൈൻഡപ്പ് ചെയ്തിട്ട് ഇറങ്ങും എന്തായിട്ട് സാമിയായിട്ടോ ആത്മീയക്കാരനായിട്ടോക്കെ ഇറങ്ങും പക്ഷെ അവന് ഈ സ്നേഹം മൈൻഡപ്പ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റത്തില്ല അവൻ പിന്നെ എന്തു ഏ അവനീ സ്നേഹത്തെ വേറെടുത്തേക്ക് പതുക്കെ എവിടെ അവൻറെ പൊതുവിലേക്ക് സ്നേഹം ഷിഫ്റ്റ് അല്ല അവരി പ്രത്യേകിച്ച് എന്താണ് എന്തുകൊണ്ട് സ്നേഹം എന്ന് പറയുന്നതിന് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു മൂല്യമേ ഉള്ളു അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റത്തില്ല അപ്പോ ചെല്ലറുക എന്നോട് പറയും എന്താണ് ഞാൻ എന്റെ ജീവിതത്തിൽ വലിയൊരു നേട്ടം ഉണ്ടായി എന്താണോ എന്റെ അച്ഛൻ മരിച്ചപ്പം ഞാൻ കരഞ്ഞില്ല അമ്മ മരിച്ചപ്പം കരഞ്ഞില്ല എന്റെ ആത്മീയ ജീവിതം കൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടമാണ് വെറും മണ്ഡലമാണ് എന്തുകൊണ്ടാണ് നിനക്ക് എന്തു ചെയ്തു നിന്റെ സ്വാർത്ഥത വന്ന് മാറി ഇത്രയേ ഉള്ളൂ മാതാപിതാക്കളോടോ വേണ്ടപ്പെട്ടവരോ ഒക്കെ ഉണ്ടായിരുന്ന ആ സ്നേഹം ആ ബന്ധത്തിൽ വെട്ടിമുറിച്ചിട്ടെന്ത് ചെയ്തു ആ സ്നേഹം അതിനും വളരെ ശക്തമായി വേറെടുത്തുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് നിനക്ക് കരയേണ്ട ആവശ്യമില്ല ഇതല്ല എന്റെ സത്യം ആണോ ഇതാണോ എന്റെ സത്യം മനസ്സിലാവുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ ഒരിടത്തും നമ്മൾ വേറെടുത്തേക്ക് മാറ്റുന്നു അങ്ങനെ ഒരു വികാരം കൂടെ കൂടി നിലനിൽക്കുന്നുണ്ടോ അത് പങ്കുവെച്ചേ നിലനിക്ക് അതാണ് ഷെയ്ഡ് പൈറ്റ പങ്കുവെച്ചേ അതിനെ നിലനിൽക്കാൻ പറ്റും എവിടെയെങ്കിലും അത് പങ്കുവയ്ക്കണം ഒന്നുമില്ലെങ്കിൽ പട്ടിയോ ഒരു പൂച്ചയോ ചെയ്യാം ചിലത് പറയാറുണ്ട് ഞാൻ ഇതിനുവേണ്ടിയാണ് ജീവിക്കുന്നത് എന്തിനുവേണ്ടി ഈ പൂച്ചയ്ക്ക് വേണ്ടി ചിലത് പറയാറില്ല പറയുന്നത് സത്യമാണ് പിന്നെ അത് ചിലപ്പോ ചിലരെന്തു ചെയ്യും അവരവരുടെ ഇഷ്ടദേവതകളിലേക്ക് മാറ്റും അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് മാറ്റും ചിലർ പര ബ്രഹ്മത്തിലേക്ക് മാറ്റും എവിടെയാലും എന്ത് തന്റെ ഉള്ളിലിരിക്കുന്ന തന്റെ സ്വകാര്യമായിരിക്കുന്ന ഒരു വികാരത്തെ ചെയ്യുന്നു ഷെയർ അങ്ങനെ ഇതൊക്കെ നല്ല പിന്നെ താൻ ഒറ്റയ്ക്ക് തന്റെ പൗരുഷം എന്ന് പറയുന്നത് ഏതെങ്കിലും വരുന്നത് എന്തെങ്കിലും അർത്ഥമാണുള്ള കാര്യം അല്ലെന്നാണ് ആര് പറയുന്നത് അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിച്ചാണ് ഞാനിങ്ങനെ ഒരു എനിക്ക് കിട്ടിയ ഒരു അറിവ് ഷെയർ ചെയ്തു തന്നെ ഇതൊക്കെ ഷെയർ ചെയ്തത് ഞാനിപ്പോ ഇവിടെ ഇരുന്നൊക്കെ പറയുന്നു അദ്ദേഹം ഇഷ്ടാദ്ദേ ഈ അറിവ് എന്നെ നിലനിൽക്കുന്ന എന്തുകൊണ്ട് ഞാനും ഷെയർ ചെയ്യുന്നുണ്ട് യാതൊരു സംശയമില്ല അറിവായതോ അങ്ങനെ നിലനിൽക്കും ഞാനത് ഷെയർ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും എന്താ ഓറവ പറ്റിപ്പോ എന്നെ നഷ്ടപ്പെട്ടു നിനക്ക് ഷെയർ ചെയ്യാതെ ഒന്നും നിലനിർത്താൻ പറ്റില്ല ശരി അങ്ങനെ ഷെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് കത്തും അത് തന്നെ സംഭവിക്കും നമ്മുടെ നാട്ടിലെ ചില സ്വാമിമാരൊക്കെ ഗുഹയിൽ പോയിരിക്കുന്നു രമുണമാർ ഗുഹയിൽ പോയിരുന്നു ആ ഗുഹയിൽ തന്നെ ഇരുന്നെങ്കിൽ പുറത്തിറങ്ങാതിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചത് പറയാൻ പേടിയുണ്ട് ഈ വേണമെന്നൊരു കത്തുപോയി പുറത്തിറങ്ങി ആൾക്കാരോടെല്ലാം തന്റെ ജ്ഞാനം ഷെയർ ചെയ്ത് കൊണ്ടാണ് രമണ വിഷയം ചെയ്തത് ദീർഘകാലം ജീവിച്ചത് ഈ തപസ് ചെയ്യുന്നവരെല്ലാം ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം അതാണ് അവർ പുറത്തു വന്നോ ജീവിച്ചിരിക്കുന്നു പുറത്തു വന്നല്ലേ അവിടെ ഉണങ്ങി ഉണങ്ങി ഉണ്ടാവുക മനുഷ്യന്റെ അതിജീവനം എന്ന് പറയുന്നത് പരസ്പരം എന്താണോ നമ്മളിലുള്ളത് കൈമാറ്റം ചെയ്താലേ സാധിക്കും അതുകൊണ്ടാണ് എന്താണ് നമ്മുടെ പരിണാമശാസ്ത്ര മനുഷ്യൻ അതിജീവിച്ചത് ഒറ്റക്കല്ല അങ്ങനൊരു ഗ്രൂപ്പായിട്ടാണ് ഗ്രൂപ്പായിട്ടാണ് അവനതിജീവിച്ചത് ഇന്നും നമ്മൾ എന്തെയ്യുന്നു മതപരമായി രാഷ്ട്രീയമായി ആത്മീയമായി എല്ലാം ഗ്രൂപ്പുകളായി നിൽക്കും ഗ്രൂപ്പുകളായിട്ട് നിന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നു ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും ഉണ്ട് അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുന്നു അതിജീവനത്തിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ ഈ ഔട്ട് ഗ്രൂപ്പിനോട് ഫൈറ്റ് ചെയ്യും ചിലപ്പോൾ അവരുമായിട്ട് സന്ധ്യ ചെയ്യും എല്ലാം ചെയ്യും എല്ലാം നമ്മുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇൻ ഗ്രൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഷെയർ ചെയ്തു പൂർണ്ണമായിട്ട് ചിലപ്പോൾ നമ്മുടെ ഔട്ട് ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമൊന്ന് കണ്ടു കഴിഞ്ഞാൽ ശരി അപ്പൊ പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ പൗരുഷം അതുകൊണ്ട് എന്തെങ്കിലും നേടുന്നു എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രപരമായിട്ട് ഒരു അർത്ഥമുള്ള കാര്യമാണ് ആണോ നമ്മളിതൊക്കെ വിട്ടിട്ട് നേരെ നർഗുണ പുരുഷൻ ി ആത്മാവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥമുണ്ട് അവിടേക്ക് പോയി കഴിഞ്ഞാൽ പക്ഷെ നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ അതിനർത്ഥമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ മനുഷ്യർ ഒരു മനുഷ്യൻ നോർമലാണ് അവൻ അവന്റെ ജീവിത യാഥാർത്ഥ്യങ്ങള് അംഗീകരിച്ചു തന്നെയാ ജീവിക്കുന്നത് എത്ര വലിയ ആത്മീയക്കാരനായാലും ശരിക്കും ഏത് വലിയ ഗുരുവായാലും ശരിക്കും അവന്റെ ഈ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ച് അവൻ മുമ്പോട്ട് പോകാൻ പറ്റും അവന്റെ ഭൗതികമെന്നോ ആത്മീയമെന്നും അവർ വ്യത്യാസം അതെങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ള എന്റെ വ്യത്യാസം യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചാൽ അതുകൊണ്ടാണ് ഇന്ന് വരുന്നത് നമ്മുടെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ ഈ കൊടുക്കൽ വാങ്ങലുകൾ സംഭവിക്കുന്നു അതിലൂടെ നമുക്ക് ഇപ്പോൾ പോകാൻ പറ്റും നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നു സമൂഹമായി അതിജീവിക്കാൻ ശ്രമിക്കും ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയോട് ഒട്ടിച്ചേർന്ന് എന്തിനാണ് ശ്രമിക്കുന്നത് അതിജീവിക്കാൻ വേണ്ടി അമ്മ എന്താ ശ്രമിക്കുന്നത് ആ കുഞ്ഞിനെ നിലനിർത്തി അവിടെ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് പല ആധ്യാത്മികതയിലുള്ള ഒരു അടിസ്ഥാനപരമായ തകരാർ എന്ന് പറയുന്നത് അതിനാൽ വ്യക്തിബോധം മാത്രം വരല്ല സാമൂഹ്യബോധം വരത്തില്ല നമ്മുടെ ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങൾക്കെല്ലാം ഈ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് എന്റെ അച്ഛൻ മരിച്ചവ കരഞ്ഞില്ല പക്ഷേ കരയുന്ന സന്ദർഭങ്ങൾ വരും അവന് കണ്ണുനീരില്ലാത്തതുകൊണ്ടോ കരച്ചിലില്ലാത്തതുകൊണ്ടോ അല്ല അവൻ്റെ ഒരു മൂഢവിശ്വാസമാണ് അവനെന്തോ മാറ്റം വന്നു അവന്റെ ബോധശൂന്യമായ ആധ്യാത്മിക പാഠങ്ങളാണ് അവൻ അങ്ങനെയുള്ള ഒരു ബോധത്തെ ഉണ്ടാക്കുന്നു യാഥാർത്ഥ്യ ബോധം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അവനൊന്നും ആയിട്ടില്ല അവൻ എന്തെങ്കിലും മാറ്റവും വന്നിട്ടില്ല അവൻ ജീവിക്കുന്ന മൂടസ്വർഗത്തിലാണ് എന്താണ് നമ്മളെ സംഭവിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ ജീവിക്കുന്നു അത്രയും അപ്പോ പഴയകാലത്ത് ആൾക്കാർ എന്ത് ചെയ്തു ഈ പറയുന്ന മൂന്ന് കാര്യം ഒന്ന് നമ്മുടെ നമ്മൾ യൂണിറ്റി ആണെന്നുള്ള പോകുന്നത് പിന്നെ അതിൻ്റെ ഒരു തുടർച്ച പിന്നെ ഒരു നമ്മുടെ ഈ പ്രൈവസി നമ്മുടെ സ്വകാര്യ അപ്പോൾ അവർ ഇതിൽ നിന്നുകൊണ്ട് അവർക്ക് എന്താണോ സമൂഹവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം അവരെന്ത് ചെയ്തു പിന്നിലേക്ക് സഞ്ചരിച്ചു അപ്പോഴാണ് അവർ പുരുഷനെ കണ്ടെത്തിയത് ആത്മാവിനെ കണ്ടെത്തിയത് ദേഹയെ കണ്ടെത്തിയത് പിന്നെ അതിനെ ചുറ്റിപ്പറ്റി അയച്ചു അപ്പോഴാണ് ഒരു മോക്ഷത്തിലെത്തി നോക്ക് ആധ്യാത്മികമായി ജീവിക്കുന്ന ആരെങ്കിലും എന്നെ നിങ്ങളെ നോക്കും ഈ സമൂഹത്തെ അവഗണിച്ചാണോ ജീവിക്കുന്നത് സമൂഹത്തെ അവഗണിച്ചല്ല സമൂഹത്തെ പരിഗണിച്ചേ ജീവിക്കാം ആർക്ക് ഞാനിപ്പോ ഇവിടെയായിരുന്നു പാലം കൂടി ഇത് കഴിയുമ്പോ എനിക്ക് വേണ്ടി ആരെയും ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കണം അപ്പൊ ഞാനീ പറയുന്നതിനൊക്കെ എന്താണ് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു മൂല്യമേ ഉള്ളൂ സ്വതന്ത്രമായി അഭിമുഖിയില്ല എന്നുകൊണ്ട് എന്റെ ഈ പറച്ചിലെന്ന് പറയുന്നത് ഇനി ഞാൻ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തുകൂടെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പുരുഷ പ്രയത്നം എന്ന് പറഞ്ഞു എന്റെ മാത്രം പ്രയത്നമാണ് ഞാനത് പറയുന്നത് ശരിയാണ് എന്റെ പ്രയത്നം എന്ന് പറയുന്നത് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ആളുടെ പ്രയത്നം കൂടെ ആണ് എന്നൊരു തിരിച്ചറിവ് എനിക്ക് വേണം അപ്പോൾ മാത്രമേ എന്റെ സാമൂഹ്യ ജീവിതത്തിൽ അർത്ഥമുണ്ടാവുള്ളൂ അപ്പോൾ മാത്രമേ മനുഷ്യന് പരസ്പരം എന്താണോ ഒരു കടപ്പാടുണ്ടാവുള്ളൂ അത് വേണമല്ലോ ഒരു ബാധ്യത എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന അവിടെയാണ് അതാണ് സാമൂഹ്യ ജീവിതം വിധേയത്വം എന്ന് പറയുന്ന അവിടെ വരുന്ന അവിടെയാണ് ഈ വിധേയത്വം പാടില്ല എന്ന് പറയുന്ന അവിടെ നമ്മുടെ ചിന്തകൾ ദർശനങ്ങളിലൂടെ വിധേയത്വം പാടില്ലെന്നാണ് അതൊരു കാര്യമില്ല പക്ഷെ മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് വേണം മനുഷ്യന് പരസ്പരം വിധേയത്വം വേണം അത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ഇതിനെക്കുറിച്ച് ബോധം വേണം എന്താണ് നമ്മുടെ എല്ലാ മൂല്യങ്ങളും പങ്കുവയ്ക്കതിലൂടെ മാത്രം നിലനിൽക്കുന്ന അങ്ങനെ വരുമ്പം ഈ പറഞ്ഞാണ് ശരി ഇയാള് രാജാവായത് എങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് രാജാവാക്കിയാകും അല്ലാതെ ഒറ്റയ്ക്ക് അന്ന് രാജാവാകാം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായെങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് തന്നെ അതുപോലെ തന്നെയാണ് പ്രസിഡന്റായത് അല്ല അത് ആ ഒരു ബോധമില്ലെങ്കിൽ എപ്പോഴും എന്ത് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഞാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയാണോ ഇവിടം പ്രധാനമന്ത്രി അല്ലാതെയോ അതാ സംഭവിക്കും അത് നമ്മുടെ ചെറിയ മനുഷ്യരുടെ ചെറിയ ജീവിതത്തിൽ അങ്ങനെ തന്നെ നമ്മൾ വരുതെന്ന് വരുന്ന ഒരേ മനുഷ്യരുടെ ജീവിതത്തിൽ ഒന്നലെ തന്നെയാണ് ഈ പൗരക്ഷത്തിനൊക്കെ പറയുന്നതിന് നമ്മൾ സാമൂഹ്യ ശാസ്ത്രത്തിലൂടെ ഒന്ന് മനസ്സിലാക്കിയാണ് എന്താണ് സോഷ്യൽ എംബഡിങ് എന്ന് പറയുന്നത് എന്താണ് അതിലൂടെ നോക്കും അപ്പൊ അതിന് കുറച്ചുകൂടെ നോക്കും എന്തുവരും വരും എവിടെ തലയോട്ടിക്കും